മുദ്രിട്ടവർ ആരെല്ലാമെന്നാൽ ഹഖല്യാവിന്റെ മകനായ ദേശാധിപതി നെഹമ്യാവ് സിതക്യാവ് സെരായാവ് അസരിയാവ് ഇരമ്യാവ് പശുവൂർ അമരിയാവ് മൽക്കിയാവ് ഹത്തൂഷ് ശബന്യാവ് മല്ലൂക്ക് ഹാരി മെരേമോത് ഓപദ്യാവ് ദാനിയൽ കിന്നഥോൻ ൂഖഖ് മെഷുല്ലാം അബിയാവ് മിയാമീൻ മയസ്യാവ് ബിൽഗായ് ഷമയ്യാവ് ഇവർ പുരോഹിതന്മാർ പിന്നെ ലേവിയർ അസന്യാവിന്റെ മകനായ യേശുവയും ഹെനാദാദിന്റെ പുത്രന്മാരിൽ ബിന്നുവിയും കത്മിയേലും അവരുടെ സഹോദരന്മാരായ ഷബന്യാവ് ഓദിയാവ് കെലീത്ത പെലായാവ് ഹാനാൻ മീഖ രഹോബ് അഷബ്യാവ് സക്കൂർ ാവ് ശബന്യാവ് ഹോദിയാവ് ബാനി ബു ജനത്തിന്റെ തലവന്മാർ പരോഷ് പഹദ്മോവാലാം സധു ബാനി ബുന്നി അസ്ഗാദ് ബേബായ് അദോനിയാവ് ബിഗ്വായ് ആദീം ആതേർ ഇസ്കിയാവ് അസൂർ ഹോതിയാവ് ഹാഷൂ ബെസായ് ഹാരിഫ് അനാഥോ നേബായ് മഖ്പിയാസ് മെഷുല്ലാം ഹെസിർ മെസേസബേയൽ സദോ യദൂവ പലത്യാവ് ഹനാൻ അനായാവ് ഹോസിയ ഹനന്യാവ് ഹസൂബ് ഹല്ലോഹേസ് പിൽഹ ഷോബേക് രഹൂം ഹസ്ബന മയസെയാവ് അഹിയാവ് ഹനാൻ ആനാൻ മല്ലൂക് ഹാരി ബയന എന്നിവർ തന്നെ ശേഷം ജനത്തിൽ പുരോഹിതന്മാരും ലേവ്യരും വാതിൽക്കാവൽക്കാരും സംഗീതക്കാരും ദേവാലയദാസന്മാരും ദേശത്തെ ജാതികളോടുവേർപെട്ട് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിങ്കിലേക്ക് തിരിഞ്ഞുവന്നവരൊക്കെയും അവരുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രിമാരുമായി പരിജ്ഞാനം തിരിച്ചറിവുള്ള ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ ദാസനായ മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിന്റെ ന്യായ പ്രമാണം അനുസരിച്ച് നടക്കുമെന്നും ഞങ്ങളുടെ കർത്താവായ യഹോവയുടെ സകല കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിച്ച് ആചരിക്കുമെന്നും ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയോ ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ എടുക്കുകയോ ചെയ്യുകയില്ലെന്നും ദേശത്തെ ജാതികൾ ശബത്തുനാളിൽ ചരക്കോ യാതൊരു ഭക്ഷണ സാധനമോ വിൽപ്പാൻ കൊണ്ടുവന്നാൽ ഞങ്ങളത് ശപത്തുനാളിലും വിശുദ്ധ ദിവസത്തിലും അവരോട് മേടിക്കയില്ല എന്നും ഏഴാം ആണ്ടിനെ വിമോചന സമ്മത്സരമായും എല്ലാ കടവും ഇളച്ചുകൊടുക്കുന്നതായും പ്രമാണിക്കുമെന്നും ശപഥവും സത്യവും ചെയ്തു ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കുവേണ്ടി കാഴ്ചയപ്പത്തിനും നിരന്തര ഭോജനയാഗത്തിനും ശബത്തുകളിലെയും അമാവാസികളിലെയും നിരന്തര ഹോമയാഗത്തിനും ഉത്സവങ്ങൾക്കും വിശുദ്ധ സാധനങ്ങൾക്കും ഇസ്രയേലിനുവേണ്ടി പ്രായച്ചുത്തമായി അർപ്പിക്കേണ്ടുന്ന പാപയാഗങ്ങൾക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ എല്ലാ വേലയ്ക്കും വേണ്ടി ആണ്ടുതോറും ശെക്കലിൽ മൂന്നിൽ ഒന്ന് കൊടുക്കാമെന്നും ഞങ്ങളൊരു ചട്ടം നിയമിച്ചു ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ കത്തിപ്പാൻ ആണ്ടുതോറും നിശ്ചിത സമയങ്ങളിൽ പിതൃഭവനം ഹൃദഭവനമായി ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വിറകു വഴിപാട് കൊണ്ടുവരേണ്ടതിന് ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവുമായി ചിട്ടിട്ടു ആണ്ടുതോറും യഹോവയുടെ ആലയത്തിലേക്ക് ഞങ്ങളുടെ നിലത്തിലെ ആദ്യ വിളവും സകലവിധ വൃക്ഷങ്ങളുടെയും സർവ്വ ആദ്യ ഫലങ്ങളും കൊണ്ടുചെല്ലേണ്ടതിനും ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പുത്രന്മാരിലും മൃഗങ്ങളിലുമുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ആടുമാടുകളിലുള്ള കടിഞ്ഞൂലുകളെയും ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുക്കൽ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കൊണ്ടു ഞങ്ങളുടെ തരിമാവിന്റെയും ഉദർച്ചാർപ്പണങ്ങളുടെയും സകലവിധ വൃക്ഷങ്ങളുടെ അനുഭവമായ ീഞ്ഞിന്റെയും എണ്ണയുടെയും ആദ്യഫലം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിലെ അറകളിൽ പുരോഹിതന്മാരുടെ അടുക്കലും ഞങ്ങളുടെ കൃഷിയുടെ ദശാംശം ലേവ്യരുടെ അടുക്കലും കൊണ്ടുചെല്ലേണ്ടതിനും തന്നെ ലേവ്യരല്ലോ കൃഷിയുള്ള നമ്മുടെ എല്ലാ പട്ടണങ്ങളിലും ദശാംശം ശേഖരിക്കുന്നത് എന്നാൽ ദശാംശം വാങ്ങുമ്പോൾ അഹരോന്യനായൊരു പുരോഹിതൻ ലേവ്യരോടു കൂടെ ഉണ്ടായിരിക്കണം ർ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിലെ ഭണ്ണാരഗ്രഹത്തിന്റെ അറകളിൽ കൊണ്ടുചെല്ലണം വിശുദ്ധമന്ദിരത്തിന്റെ ഉപകരണങ്ങളും അതിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും വാതിൽകാവൽക്കാരും സംഗീതക്കാരും ഇരിക്കുന്ന അറകളിലേക്ക് ഇസ്രായേൽ മക്കളും ലേവ്യരും ധാന്യം വീഞ്ഞ എണ്ണ എന്നിവയുടെ ഉദർച്ചാർപ്പണം കൊണ്ടുചെല്ലേണം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം ഞങ്ങൾ കൈവിടുകയില്ല